നിങ്ങളുടെ രക്ഷിതാവ് ആദമിന്റെ മക്കളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്തതികളെ എടുക്കുകയും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് അവരെക്കൊണ്ട് അവർക്കു തന്നെ സാക്ഷ്യം ചെയ്യിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു പുനരുദ്ധാന ദിവസം തീർച്ചയായും ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയതിരിക്കാൻ വേണ്ടിയാണിത്